അവർ പറഞ്ഞു അത് ഏതു പശുവാണെന്ന് വ്യക്തമാക്കാൻ താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കൂ അദ്ദേഹം പറഞ്ഞു അവൻ പറയുന്നു അത് വയസ്സായതുല്ല പ്രായം കുറഞ്ഞതുമല്ല മറിച്ച് അതിനിടയിലുള്ള ഒരു പശുവാകുന്നു അതിനാൽ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കുക